അങ്ങനെ ചിലരെ മറ്റു ചിലരിലൂടെ നാം പരീക്ഷിച്ചു നമ്മുടെ ഇടയിൽ നിന്ന് അള്ളാഹു സുബഹാനഹൂവചായാല ഇവർക്ക് അനുഗ്രഹം നൽകിയോ എന്ന് അവർ പറയുന്നതിനാണത് നന്ദിയുള്ളവരെക്കുറിച്ച് അള്ളാഹുസുബഹാനഹുവചായാലയ്ക്കല്ലേ കൂടുതൽ അറിയാവുന്നത്